അതുപോലെ മക്കയെയും അതിനു ചുറ്റുമുള്ളവരെയും താക്കീത് ചെയ്യാനും യാതൊരു സംശയവുമില്ലാത്ത ഒരു കൂട്ടിച്ചേർക്കൽ ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും വേണ്ടി നിനക്കറബി ഭാഷയിലുള്ള ഒരു ഖുർആാൻ ഞങ്ങൾ വെളിപ്പെടുത്തി തന്നു അവരിലൊരു വിഭാഗം സ്വർഗത്തിലും മറ്റൊരു വിഭാഗം നരകാഗ്നിയിലുമായിരിക്കും